മുഷിക്കുകളേക്കാൾ ഉപരിയായി ജീവിതത്തിന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നവരായി അവരെ നിങ്ങൾ കണ്ടെത്തും അവരിലൊരാൾ ആയിരം വർഷം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ആയിരം വർഷം ജീവിച്ചാലും അത് ശിക്ഷയിൽ നിന്നവനെ ഒഴിവാക്കുകയില്ല അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അല്ലാഹു സുബഹാനഹൂവത്തെ ആയ കാണുന്നവനാകുന്നു